अड़ श्लोकम नोक सदात्गत कल सुखे संस्पर्श अत्यम सुखमश्नुने वी वींजन मन आन आहती आहती मुकोव ഏകാന്തത്തിലിരുന്ന് മനസ്സ് നമ്മൾക്ക് കള്ളക്കഥ പറഞ്ഞുകൊണ്ടേയിരിക്കണുണ്ട് ഉള്ളിലിരുന്ന് നീ ഇതൊന്നും അല്ലാട്ടോ നീ ഇന്ന ആളാണ് നീ ഇന്നാളുടെ മകനാണ് നിനക്ക് സാധിക്കില്ല നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്തൊക്കെയോ മനസ്സവിടെ ഇരുന്ന് വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഉള്ളില് അതിന് വിപരീതീകരണമാണ് നമ്മൾ ഇവിടെ ചെയ്യണത് മനനം വീണ്ടും വീണ്ടും വീണ്ടും മനസ്സിന്റെ ആ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാനാണ് ഞാൻ ശുദ്ധ വസ്തുവാണ് ചൈതന്യ വസ്തുവാണ് ഈ ദുഃഖം എന്നെ ബാധിക്കണില്ല ഈ കളങ്കമൊന്നും എന്നിലില്ല നിർമ്മലമായ വസ്തുവാണ് സർവവ്യാപിയായ വസ്തുവാണ് ഈ മനസ്സ് തന്നെ എനിക്കില്ല മനസ്സ് തന്നെ സ്വരൂപമല്ല നിർബലമായ ചിദ്വസ്തുവാണ് ഞാൻ എന്ന് വീണ്ടും വീണ്ടും വീണ്ടും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എന്താന്ന് വെച്ചാൽ മനസ്സങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഉള്ളിൽ പുറപ്പെടുത്തുകൊണ്ടേയിരിക്ക അതാണ് അതിന്റെ കൽവശം കളങ്കം എന്ന് പറയുന്നത് ആ കൽമശത്തിന് അതിൽ നിന്ന് എല്ലാ അധർമ്മങ്ങളും ഉണ്ടാവുന്നുണ്ട് അതാണ് എന്ന് പറഞ്ഞല്ലോ രജോ എന്ന് വെച്ചാൽ അധർമ്മം ചെയ്യിപ്പിക്കുന്നത് അതാണല്ലോ ഒരു അധർമ്മമും സംഭവിക്കില്ല എപ്പോ എല്ലാം ആത്മസ്വരൂപമായി അറിയപ്പെടുമ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞു യുജൻ നേവം വീണ്ടും വീണ്ടും മനസ്സിനെ ഇങ്ങനെ സമാധിയിൽ ഇരുത്തി ശീലിക്കുമ്പോ യുജ് സമാധ യുജി യോഗേ ആ യോഗസ്ഥിതിയിൽ ഇരുത്തി ഇരുത്തി ഇരുത്തി ശീലിക്കുമ്പോ സദാ യോഗി വിഗത കൽമ കൽമശം അവനിൽ നിന്നും പ പോയി ഭയം രാഗം ദ്വേഷം വിട്ടുപോയി സുഖേന ബ്രഹ്മസംസ്പർശം ബ്രഹ്മത്തിനെ സ്പർശിച്ചത് കൊണ്ട് വരുന്ന സുഖം അഥവാ ബ്രഹ്മത്തിനെ സമയക്കായിട്ട് സ്പർശിക്ക സ്പർശിക്കുക എന്ന് എന്തിനെ സ്പർശിക്കും ഉള്ളതിനേലേ സ്പർശിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തതിനെ പറ്റില്ലല്ലോ അതുകൊണ്ട് ബ്രഹ്മം ആണ് ഉള്ളത് ഇപ്പൊ തന്നെ നമ്മുടെ ഹൃദയത്തിൽ അഹമസ്മി ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഏതൊന്നും അത് ആവരണം നീങ്ങിയാൽ അത് ജീവനല്ല അത് ഒരു വ്യക്തിയല്ല അത് ഇവിടെ ഉള്ള ഒരാളല്ല പിന്നെ അത് അഖണ്ഡമായ സർ ദേശകാലങ്ങളുടെ പരിധിക്ക് അപ്പുറമുള്ള പൂർണ്ണ വസ്തുവാണ് എന്ന് ആവരണം നീങ്ങുമ്പോൾ നമ്മളുടെ അഹമെന്ന അനുഭവം തന്നെ അഖണ്ഡമായി അവിഛിന്നമായി നിർമ്മല ചിത്തായിട്ട് ഹൃദയത്തിൽ പ്രകാശിക്കും അതും ഇതുമല്ല അസതർത്ഥമല്ല അഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി പ്രതിപത്തി അറ്റ് സത് മൃദുവായി മൃദുവായി അമർന്നിടേണം അതു അസദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി അഹമെന്ന അനുഭവം ശൂന്യമല്ല അത് അതുമിതുമല്ല എന്നാണ് എന്നുവെച്ചാൽ അത് ഞാനാണ് ഇന്നവനാണ് അവനാണ് ഇവനാണ് ഒന്നുമല്ല സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി അത് കേവലം ഇരുപ്പേ സ്വരൂപമായി ജ്ഞാനമേ സ്വരൂപമായി മരണമില്ലായ്മേ സ്വരൂപമായി നിത്യനിരന്തര ചിദ്ഘനമായ വസ്തുവായി അമയ്ക്ക് പ്രകാശിക്കുന്നു തെളിഞ്ഞൻ ധീരൻ ധീരൻ എന്ന് വെച്ചാൽ ഭയപ്പെട്ടു പോകരുത് ആ സമയത്ത് നമ്മളുടെ അഭിമാനവും നമ്മളുടെ വ്യവഹാരത്തിനെ പിടിച്ചു നിർത്താനുള്ള ഒരു വ്യഗ്രതയും അധ്യാത്മികതയ്ക്ക് ഏറ്റവും വലിയ തടസ്സമാണ് വ്യവഹാരം കൊണ്ടുപോകണം ആഗ്രഹം പലപ്പോഴും അത് കാരണം നമ്മളെ വാങ്ങിക്കും ചിന്താമണി കൊടുത്തിട്ട് അയ്യോ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വ്യവഹാരമൊക്കെ പോകും അതുകൊണ്ട് രണ്ട് സ്ഥലത്തുമായിട്ട് വല്ല ഒരു ഏർപ്പാടുണ്ടോ എന്ന് അങ്ങനെ അതാണ് ധീരനായിന്ന് പറഞ്ഞു പോയ പോട്ടേണം ഇരുട്ടു പോണത് കൊണ്ട് ആർക്കെന്ത് ദൂഷ്യം പോട്ടെ ധീരനായി പ്രതിപത്തി അറ്റ് ഒന്നിനോടും പ്രതിപത്തിയില്ലാതെ ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം താൻ തന്നിലിരിക്കണം ആ ഇരുപ്പ് അതാണ് ബ്രഹ്മസംസ്പർശം സമ്യക്കായിട്ട് തൻ്റെ ഇരുപ്പിനെ മനസ്സ് സ്പർശിക്കണം സമ്യക്കായിട്ട് ശുദ്ധ ബുദ്ധി ശ്രദ്ധാശക്തി അതീവ സൂക്ഷ്മമായ മണ്ഡലത്തിൽ പോയി തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ സ്പർശിക്കുന്നു ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്ണുതെന്നാണ് അത്യന്തമായ സുഖം ആനന്ദം ശാന്തി നിറവ് പൂർണ്ണത നിർവൃത്തി ആ നിർവൃത്തിയെ പ്രാപിക്കുന്നു അത്യന്തം സുഖം അഷ്ണു വെളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയ സുഖമല്ല അകമേ നിന്ന് കുടിച്ച ഒരു രസായനമാണ് അകമേ നിന്നും കിട്ടിയ അമൃതാനുഭവമാണ് അത്യന്തം സുഖമുതി ബ്രഹ്മസംസ്പർശം അത്യന്തം അശ്ണു അങ്ങനെ ആ ആത്മാനുഭവം നേടിയ യോഗി ഉണർന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് കാണും ലോകത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ അയാൾ വീണ്ടും പഴയ പോലെ തന്നെ രാഗം ദ്വേഷത്തോടുകൂടെയാണ് ലോകം കാണുന്നതെങ്കിൽ അയാൾ സമാധിസ്ഥിതനായിരുന്നില്ല അഥവാ അയാളുടെ സമാധി വെറുമൊരു ഭാവമണ്ഡലം മാത്രമായിരുന്നു ധ്യാനിച്ചോണ്ടിരിക്കുന്നു നല്ല സുഖമായി അപ്പൊ അടുക്കളയിൽ ഗ്ലാസ് വീണു അപ്പൊ എഴുന്നേറ്റ് പോയി ഒരു കുരുക്ഷേത്രം വന്നു ഞാൻ ധ്യാനിക്കുമ്പോഴാണ് നിനക്ക് ഗ്ലാസ് ചോട്ടലിടാൻ കണ്ടതല്ലേ എന്നെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് എനിക്ക് ദ്രോഹം എന്നൊക്കെ പറഞ്ഞു നിലവിളിച്ചു ബഹളം കൂട്ടി കോർട്ടിൽ കേസായി എന്തിനാ ധ്യാന സമയത്ത് ഗ്ലാസ് വീണതിനാണ് അപ്പൊ എന്തായി അവസാനം അദ്ദേഹത്തിനടുത്തൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തിനാ ധ്യാനിച്ചു ഞാൻ ആത്മാവാണെന്ന് ധ്യാനിച്ചു അപ്പൊ ഈ ഗ്ലാസ് വീണ ശബ്ദം ആത്മാവല്ലയോ ആ ഗ്ലാസ് ആത്മാവല്ലയോ ചോട്ടിലിട്ട ആളാത്മാവല്ലയോ അത് കാണാൻ പറ്റിയില്ലല്ലോ എന്തു പറ്റി ധ്യാനം എന്ന് പറഞ്ഞത് ഉള്ളിലെന്തോ ഒരു ഒരു വെളിയിലുള്ള വിഷയസുഖത്തിന് നമ്മൾ അഡിക്റ്റഡ് ആകുന്ന പോലെ you got addicted to some inner drug appenda adi nashtapidumbo ee sirike drug nokku paraynadha endha velil oru vastu edukkumbo nammalde ullilulla endooru sukham varudhu le sukham drug illallo unda endha kudikkumbo sukham varunu aalgalukku sukham kuppi illallo kuppi dance onnu kalikunnillallo ഈ കഴിച്ചവനാണ് ഡാൻസ് കളിക്കണത് കുപ്പിയൊന്നും നൃത്തം ചെയ്യണില്ലല്ലോ ഇത് ഉള്ളു പോകുമ്പോഴാണ് ഇയാൾക്ക് ഭൂലോകം തരികിട്ട തകൃതയും തോന്നണത് അപ്പോ ഈ സുഖം ഇയാളുടെ ഉള്ളിലുള്ള സുഖത്തിന് കുറച്ച് ഇളക്കിവിടാനുള്ള ശക്തി ചില സാധനങ്ങൾക്കുണ്ട് സുഖം അപ്പോഴും ഉള്ള വരണത് അല്ലേ എന്തോ ചില സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സുഖം വരണു ആളുകൾക്ക് സുഖം ആ ചെടിയിലല്ല പക്ഷെ ആ ചെടിക്കൊരു ശക്തി ഉണ്ട് എന്താ ഇയാളുടെ ഉള്ളിലുള്ള സുഖത്തിനെ ഇളക്കി ശക്തി ആ സുഖം ആ ചെടി പോയി കഴിഞ്ഞാൽ പോവും അപ്പൊ ദേഷ്യം വരും അത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും ഇയാൾക്ക് കാപ്പിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും ഊണ് കഴിക്കേണ്ട സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും എന്താ ആ സുഖം ജ്ഞാനത്തോടുകൂടെ അല്ല അത് വിഷയസുഖം പോലെ തന്നെ ഒരു സുഖമായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ എന്താവും ഉണർന്നു കഴിഞ്ഞവൻ വാസ്തവത്തിൽ നിർവികൽപ്പ സമാധി വിട്ടുണർന്നവൻ ആണെങ്കിൽ നിർവികൽപ്പ സമാധിയിൽ ജ്ഞാനമുണ്ട് സത്താപ്രകാശമുണ്ട് സ്വരൂപാനന്ദമുണ്ട് ഈ മൂന്നുമുണ്ട് ജ്ഞാനുണ്ട് സത്താപ്രകാശണ്ട് സ്വരൂപാനന്ദ ഈ മൂന്നും ഉള്ളവഴ ഈ ജ്ഞാനം കൊണ്ട് സർവത്ര സത്താപ്രകാശത്തിനെയും സ്വരൂപാനന്ദത്തിനെയും കാണും മാത്രമല്ല താൻ എന്തൊരു സത്യത്തിനെ അനുഭവിച്ച താൻ അതാണെന്ന് അറിഞ്ഞു അത് എല്ലാവരും കാണുന്നത് അവരറിയാത്തതിനെ പോലും അയാൾക്ക് കുറ്റം പറയാനില്ല അവരൊന്നും അയ്യോ അവരൊന്നും അജ്ഞാനികളായിട്ടിരിക്കണമല്ലോ അറിയില്ലെന്നില്ലല്ലോ എന്നൊക്കെ തോന്നണമെങ്കിൽ പോലും കുറച്ച് ചോട്ടില് വരണം എല്ലാവരും ഇവരൊന്നും മനസ്സിലാക്കണില്ലല്ലോ ഇവരൊക്കെ ആത്മാവാണെന്ന് അറിയുന്നില്ലല്ലോ എന്ന് അറിയണമെങ്കിൽ പോലും കുറച്ച് ചോട്ടില് വരണം അതുപോലുമില്ല അവരറിയുന്നില്ല എന്ന് ഉള്ളത് പോലും അതൊരു നാടകമായിട്ട് അദ്ദേഹത്തിന് തോന്നുള്ളൂ അവരും ഒക്കെ ഭഗവത് സ്വരൂപം തന്നെയാണ് അജ്ഞാനികളായിട്ട് വെറുതെ നടിക്കുകയാണ് ലീലയാണത് അനാദി ലീല അത്ര എന്നാണ് അനാദികാലം മുതൽ തുറന്നു വരുന്ന ലീലയുടെ ഭാഗമാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് വിശ്വതോ മുഖ ശ്വേതാശ്വത ഉപനിഷത്തിലെ ഋഷി പറയാണ് ഭഗവാനെ അങ്ങ് സ്ത്രീയാണ് അങ്ങ് പുരുഷനാണ് അങ്ങ് കുമാരനാണ് അങ്ങ് കുമാരിയാണ് अ वृद्धन वड़कुति कलन अलवन अंगा सर्व ब्रह्मात्मक विद्य आत्मीशयान उपरमे सर्वतो मुक्त संशया ऐंधति भागवत भगवान उद्धव उपदेश हे उद्धव सर्व ब्रह्मात्मक तस् എല്ലാം ബ്രഹ്മാണ് ആർക്ക് ആര് വിദ്യയാ ആത്മ മനീഷയാ ഈ വിദ്യക്കാണ് ആത്മ മനീഷന്ന് പറഞ്ഞത് ആത്മാവിനെ അറിയിപ്പിക്കുന്ന ആ ജ്ഞാനം കൊണ്ട് സകലത്തിലും ആ ആത്മാവാണ് എല്ലാവരും ആത്മ സ്വരൂപികളാണെന്ന് അറിഞ്ഞ ശേഷം ഉപരമയത് എന്ന് വെച്ചാൽ അതിനെ ഞങ്ങൾ മർദ്ദങ്ങളിയാന്ന് അതിനെയും ചുമ്മാ ചിന്തിക്കൊന്നും വേണ്ട എല്ലാരും ആത്മാവാണ് ബ്രഹ്മമാണെന്ന് പറഞ്ഞു പറഞ്ഞൊരു തോട്ട് പ്രോസസ് അതും ആക്ടിവേറ്റ് ആവണമെന്നില്ല കാരണം ആ വികല്പവും ഒഴിഞ്ഞു കഴിയുമ്പോ വാസ്തവത്തിലുള്ള നിശ്ചലത അവ്യാജശാന്തി വരും അവ്യാജശാന്തി എന്നാണ് വന്നു പോകുന്ന ശാന്തിയല്ല നിരന്തര ശാന്തി വേണ്ട സമയത്ത് ജ്ഞാനം ഓപ്പറേറ്റ് ചെയ്തോളും അല്ലെങ്കിൽ ആ ജ്ഞാനവും വേണ്ട അവിടെ സ്വയം ആ ജ്ഞാനത്തിനെയും അങ്ങോട്ട് വിട്ടുകളഞ്ഞു എന്നിട്ടോ അങ്ങനെ ശാന്ത ശീതളമായി നിറഞ്ഞ കൊടം പോലെ ഉപരമേത് സർവത്തോ മുക്ത സംശയ എല്ലാത്തിലും മുക്തസംശയനായി ൊക്കെ അയാൾ ആത്മാവനെ കാണുന്നത് ബ്രാഹ്മണേ പുൽകസേന പണ്ഡിതോ മത ബ്രാഹ്മണനിലും പുൽകസൻ എന്ന് വെച്ചാൽ ചണ്ടാളനലും നായ്മാംസം രക്ഷിക്കുന്നവനിലും സ്തേനെ കള്ളനിലും അർക്കെ സൂര്യനിലും സ്പുലിംഗകെ പ്രകാശിക്കുന്ന നക്ഷത്രാദികളിലും ഒക്കെ അക്രൂരെ പരമശാന്ത പ്രശാന്ത പ്രകൃതിയായ ഒരാളിലും ക്രൂരകെ ജൈവ സെക്കൻഡ് വേൾഡ് വേൾഡ് വാർ നടക്കുമ്പോ ഹിറ്റ്ലറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രമണ മഹർഷിയോട് എന്തോ ചോദിച്ചപ്പോ ഹിറ്റ്ലറിനെ കുറിച്ച് എന്തോ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ഹിറ്റ്ലർ ജ്ഞാനിയല്ല എന്ന് ആർക്കറിയാം ഇവർക്ക് ഈ ഭാവന ചെയ്യാനേ പറ്റില്ല ഭഗവാൻ പറഞ്ഞപ്പോ ഹിറ്റ്ലറിനെ പോയി ജ്ഞാനിന്ന് പറയേ ഹിറ്റ്ലറിനെ പോയി ഭഗവാൻ അവതാരം എന്നൊക്കെ പറയുന്നു എന്നുവെച്ചാൽ ഇത്തിരി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസിലാവും ഭഗവാന്റെ ദർശനം അതാണ് ഭഗവാന് ആത്മാവല്ലാതെ ആരുമില്ല പക്ഷെ ഇത്ര ക്രൂരനായ ഒരാളെ പോയിട്ട് എങ്ങനെ പറയുമെന്ന് വെച്ചാൽ ആ ക്രൂരത പോലും ഒരു സാധാരണ നമ്മൾ വിചാരിച്ച ഹിറ്റ്ലർ ആവാൻ പറ്റുമോ എന്നാലോചിച്ച് നോക്കും നമ്മൾ ഹിറ്റ്ലർ ഹിറ്റ്ലർ നമുക്ക് ലൈസൻസ് തന്നു നാളെ വന്നിട്ട് നമ്മളുടെ അടുത്ത് ഹിറ്റ്ലർ ആവാൻ നമുക്ക് ലൈസൻസ് തന്നാൽ നമുക്ക് ഹിറ്റ്ലർ ആവാൻ പറ്റുമോ നമ്മളെ കൊണ്ട് ഇത്രയും ആളുകളെ ഇളക്കി ഇത്രയും വലിയ കൊല ചെയ്യാനുള്ള സംഹാര പോലും ആ പ്രകൃതി തന്നെയാണ് ആവിർഭവിക്കുന്നത് അയാളിലൂടെ അത് എന്തോ കാരണാണ് ഒരാളെ അയാളെ കുറൂരനായിട്ട് നമ്മൾ ചിത്രീകരിച്ചു അത്ര തന്നെ അതുകൊണ്ടാണ് ഈ ഭാഗവതത്തിൽ രാവണൻ കുംഭകർണൻ ഇരണ്യകശിപു ഇരണ്യ ആരും വില്ലന്മാരൊന്നും അല്ല ദൃഷ്ടിയിലാണ് വില്ലന്മാര് അവരൊക്കെ വൈകുണ്ഠത്തുനിന്ന് വന്നവരാ വേറെ ഒരു സ്ഥലത്ത് കൂടെ ഡ്രാമ നടത്താൻ വന്നവരാണ് അങ്ങനെയാണല്ലോ കഥ അവരെ ആരെയും പിക്ചർ ചെയ്യുമ്പോ ഭയങ്കരന്മാരായിട്ട് കാണിച്ചാലും വേറെ അവരൊക്കെ വൈകുണ്ഠത്തുനിന്ന് വന്നവരാണ് മൂന്ന് ജന്മത്തോടെ തിരിച്ചു പോയവരാണ് അവര് യുദ്ധം ചെയ്യുമ്പോഴും ഷണ്ട കൂടുമ്പോഴും ഒക്കെ സമാധിസ്ഥിതിയിലിരുന്നവരാണെന്നാണ് പുര ഭാഗവതം പറയണത് സംരംഭ സംഭൃത സമാധി അനുബദ്ധ യോഗവും എങ്ങനെയാ നരസിംഹസ്വാമിയുടെ അടുത്തൊക്കെ യുദ്ധം ചെയ്യാൻ ധൈര്യം കാണിച്ചതെന്ന് വെച്ചാൽ സംരംഭ സമാധി അനുബദ്ധ യോഗവും വെറുപ്പ് കൊണ്ട് ഒരു സമാധിസ്ഥിതി വന്നു അത്ര അവർക്ക് സമാധി വന്നിട്ട് ആ യോഗസ്ഥിതിയിലിരുന്നു കൊണ്ടാണ് അത്ര യുദ്ധമൊക്കെ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചമെന്ന് പറയണത് ആ പരമേശ്വരൻറെ തിരുക്കൂത്താണ് കൂത്തരംഗമാണ് ഇവിടെ ദുഷ്ടനും നല്ലയാളും ശിഷ്ടനും ഒക്കെ തന്നെ ശിഷ്ടൻ ചിലപ്പോ നോക്കിയാൽ ദുഷ്ടനാവും ദുഷ്ടൻ ചിലപ്പോ നോക്കിയാൽ ശിഷ്ടനാവും ഒരു ദൃഷ്ടിയിൽ ശിഷ്ടനെ ദുഷ്ടനെന്ന് വിളിക്കാം വേറൊരു ദൃഷ്ടിയിൽ ദുഷ്ടനെ ശിഷ്ടൻ എന്ന് വിളിക്കാം അതുകൊണ്ടാണ് ഇന്ന് ആളുകള് ഒരു പറ്റം ആളുകൾ രാമനെ കുറ്റം പറഞ്ഞ് പുസ്തകം എഴുതും വേറൊരു പറ്റം ആളുകൾ രാവണനെ കുറ്റം പറഞ്ഞ് പുസ്തകം എഴുതും ഭഗവാന് രണ്ട് സമാണെന്നാണ് ഭാഗവതത്തിൽ അങ്ങനെ ശ്ലോകം ഉണ്ട് ഒരു സ്മരണ രണ്ട് കൂട്ടർക്കും ഭഗവാൻ ആളുകളെ കൊടുക്കും എന്നാണ് രണ്ടുപേർക്കും സമം അനുകൂലമായിട്ട് നിൽക്കും സമമായിട്ടും അനുകൂലമായിട്ട് നിൽക്കും അത്ര ഇങ്ങോട്ട് എന്താന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് അൾട്ടിമേറ്റായിട്ടുള്ള ആ മനീഷയിൽ ഇവിടെ ദ്വൈതമില്ല ദ്വൈതം നിൽക്കുമ്പോഴാണ് നമുക്ക് ശത്രുതയൊക്കെ വരുന്നത് നോക്കൂ നമ്മുടെ മനസ്സിന് നിൽക്കണമെങ്കിൽ ദ്വൈതം വേണം കോൺഫ്ലിക്ട് വേണം അതാണ് പറഞ്ഞ് നമ്മളുടെ സി നമ്മളുടെ കലകൾ മുഴുവൻ നോക്കൂ സിനിമകൾ മുഴുവൻ നോക്കൂ ഡ്രാമ മുഴുവൻ നോക്കൂ രണ്ടില്ലാതെ പറ്റിയോ ഹീറോ മാത്രമായിട്ട് ഒരു സിനിമ എടുക്കു ഓടുകയില്ല ഓടുവോ എന്താ മനസ്സിന് എക്സൈറ്റ്മെന്റ് വരുന്നത് തന്നെ അവസാനം ആ വില്ലനെ ഹീറോ അടിക്കുമ്പോഴാണ് അതെവിടെയാ നമ്മളുടെ ഉള്ളിലുള്ള ദ്വൈതമാണത് ആ രണ്ടാണത് ആ രണ്ട് വേണം അപ്പൊ എന്താവുന്നു നമ്മൾക്ക് എന്തോ എനർജി നമ്മൾ ഈഗോവിന് ഈ രണ്ടുണ്ടെങ്കിൽ ഈഗോ ആണ് നമ്മളുടെ എനർജി സോഴ്സ് ആ അഹങ്കാരത്തിന് രണ്ടുണ്ടെങ്കിൽ സുഖാണ് ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ ആവുമ്പോ നമ്മളുടെ ആളുകൾ അവരുടെ കൂടെ കളിക്കുമ്പോഴാണോ സുഖം ഇപ്പൊ എല്ലാരും കൂടെ വട്ടം കറങ്ങിയിട്ട് ആർക്കും എന്താ എന്തിനോട് ഐഡന്റിഫൈ ചെയ്യണം അറിയണില്ല ഇന്ത്യൻ ക്രിക്കറ്റേഴ്സും ഉണ്ട് പാകിസ്ഥാനീസും ഉണ്ട് ഓസ്ട്രേലിയക്കാരനും ഉണ്ട് ഒക്കെ ഒരു ടീമില് മറ്റേ ടീമിൽ നോക്കി അതിലും കുറെ ആളുകൾ എന്നാലും കുറച്ചുനേരം നോക്കിയിരുന്നാൽ കാണാൻ നമ്മൾ ഏതിനോടോ ഒന്നിനോടോ പറ്റിക്കൂടി മറ്റേതിൻ്റെ നേരെ ചണ്ട കൂടും എന്താന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു സുഖമുള്ളൂ അർജന്റീനയും ബ്രസീലും കൂടെ ഫുട്ബോള് കളിച്ചാൽ രണ്ടു നമുക്ക് ഒരുപോലെ ആണെങ്കിലും കുറച്ചു നേരം നോക്കിയിരുന്നാൽ ഏതോ ഒരു കൂടെ കൂടിയിട്ട് നമുക്കൊരു ഉത്സാഹം വരും എന്താ കാരണം ഒരു സംബന്ധം ഇല്ലെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് വേണം രണ്ടു വെച്ചുകൊണ്ട് ഒരിടത്ത് നിന്നിട്ട് മറ്റൊന്നിനോടുകൂടെ യുദ്ധം ചെയ്താലാണ് എന്റെ അഭിമാനം നിക്കുക ഇതിനാണ് സംസാരം എന്ന് പേര് അറൊന്നുമില്ല ഇതാണ് സംസാരം ഇത് ഈ പ്രോസസ്സ് ജീവിതം മുഴുവൻ കാണും ലോകത്തിൽ മുഴുവൻ കാണും ഇതങ്ങടെ എടുത്തു കളഞ്ഞാൽ നമ്മൾ മുക്തരായി ആദ്യമൊക്കെ ഈ കളി കണ്ടു രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോ ഒരു ടീം തോൽക്കണോ അപ്പൊ ജയിക്കുന്ന ടീമിന്റെ കൂടെ കൂടുന്നു ഒരു പക്ഷം ഇല്ല പക്ഷം കഞ്ചന ആശ്രയിത്തുന്നുണ്ട് ഒരു പക്ഷവും ഇല്ലാതാണ് എന്താന്ന് വെച്ചാൽ വെറുതെ ടെൻഷനാണ് ഡിപ്രഷനാണേ എല്ലാ ജയവും നമ്മളുടെയാണ് എല്ലാ പരാജയവും നമ്മളുടെയാണ് ഇത് രണ്ടും നമ്മളുടെ ഉള്ളിലാണ് ഈ എനർജി ഇങ്ങനെ മുകളിലേക്കും ചോട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ് ഈ ഊർജം ഉള്ളിലേക്ക് ചോട്ടിലേക്ക് പോണത് അപ്പൊ എപ്പോ ഈ ദ്വൈതത്തിനെ എടുത്തു കളഞ്ഞു നമുക്ക് രണ്ടൊന്നുമില്ലെങ്കിൽ എല്ലാവരിലും ഒരേ സത്യത്തിനെ കാണുന്ന കാണുക എന്നുള്ള ആശം കാണുക നമ്മൾ പറയണത്തെ നമ്മളിൽ ആ തത്വദർശനത്തിന്റെ തെളിവുണ്ടായാലേ കാണാൻ പറ്റുമോ അതിനു തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുക എന്നല്ല വളരെ നാച്ചുറൽ വളരെ നാച്ചുറൽ ആയിട്ട് അതങ്ങോട് കാണും കാണുക എന്ന് വെച്ചാൽ എല്ലാ കുഴപ്പങ്ങളുടെ നടുവ് കാണും അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് നോക്കുക സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാ ചാത്മനിക്ഷതയോഗയുക്താത്മാർവത്ര സമദർശന ൂത സ്ഥിതം സ്വത്മാനം സർവഭൂത ബ്രഹ്മാദീ സ്തംഭപര്യത്ത ഏകതാ ഈക്ഷേണ്ട യോഗയുക്ത സമാത സർ ബ്രഹ്മാതിഥാത്ത സമം നിർവിശേഷം ബ്രഹ്മാത്മൈകവിഷയം ദർശനം എസ് സമദർശനം സർവഭൂതങ്ങളിലും ഒരേ സത്തയെ ആത്മാവിനെ കാണുന്നു സർവഭൂതങ്ങളെയും ആത്മാവിൽ ഒരേ സത്യത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു ചുരുക്കത്തിൽ ആ ഒരേ സത്യത്തിൻ്റെ തിരുക്കൂത്താണ് സകലതും എന്ന് കാണുമ്പോൾ അവൻ സമദർശിയായിട്ട് തീരും യോഗിയായിട്ട് തീരും സമദർശിയാണ് യോഗി സമത്വം യോഗ ഉച്ചത എന്നു വെച്ചാൽ എന്ത് കണ്ടാലും അയാളുടെ യോഗം ചലിക്കില്ല എന്നാണ് എന്ത് കണ്ടാലും അയാൾക്ക് വിപരീതം എന്നൊന്നുമില്ല അയാൾക്ക് ശത്രു ഒന്നുമില്ല ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മൂതമ്പ്രഹം ബ്രഹ്മമ്രഹ്മിത്ര ബാന്ധവാ എന്തിനോടാ നീ വെറുക്കാവുന്നില്ല ബ്രഹ്മചിത് അകമയ്ക്ക് ഞാൻ എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നത് ബ്രഹ്മമാണ് ബ്രഹ്മഭുവനം ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ബ്രഹ്മമാണ് ്രഹ്മഭൂത പരമ്പരാ ഈ കാണപ്പെടുന്ന പ്രാണിജാതങ്ങൾ മുഴുവൻ ആ പരമാത്മാവാണ് ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രുത് മിത്ര ബാധവാഹ വ്യവഹാരത്തിൽ എന്തൊക്കെ കാണുന്നു അതൊക്കെ തന്നെ ആ പരമാത്മാവാണെന്ന് അറിയുന്നവൻ സമദർശിയായിട്ട് തീരും ഈക്ഷതേ യോഗയുക്താത്മാ ആ യോഗസ്ഥിതിയിൽ സർവത്ര സമദർശന അടുത്ത ശ്ലോകം വ്യോമാ പശ്യത്തി മി സജമേന പ്രണശ്യ സർവഭൂതസ്ഥം ആത്മാനം എന്ന് ഒബ്ജെക്ടീവ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കൃഷ്ണൻ പെട്ടെന്ന് ഞങ്ങടെ താൻ അതായിട്ട് തന്നെ പറയുകയാണവിടെ എന്നെ എല്ലാ സ്ഥലത്തും ആര് കാണുന്നുവോ യോമാം പശ്യതി സർവത്ര സർവം ച മൈ പശ്യതി സർവം എന്നുവെച്ചാൽ ഈ കാണപ്പെടുന്ന സർവം സർവം എന്ന് പറയുമ്പോ തന്നെ ദേശം കാലം പദാർത്ഥം ക്രിയാ വ്യക്തി ദ്രവ്യം ഒക്കെ വന്നു ഇതെല്ലാം തന്നെ മൈ പശ്യതി ഞാനാകുന്ന അധിഷ്ഠാനത്തിൽ ഞാനാകുന്ന സ്ക്രീനിൽ കാണപ്പെടുന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നുവോ അങ്ങനെയുള്ളവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാണ് അവന് കണ്ണടച്ചത് കൊണ്ടോ കണ്ണു തുറന്നതുകൊണ്ടോ ഭഗവാൻ ഇല്ലാതാവണില്ല സ്വർണത്തിനെ വളയാക്കി മാറ്റിയാലും മോതിരമാക്കി മാറ്റിയാലും കിരീടമാക്കി മാറ്റിയാലും വെറും സ്വർണ്ണക്കട്ടയാക്കി ഇട്ടാലും സ്വർണ്ണം എന്നുള്ള വസ്തുസ്ഥിതി പോണില്ല കടൽ എന്ന് നോക്കുമ്പോ അലവേറെ കുമിള വേറെ ഒക്കെ ഉണ്ട് വെള്ളം എന്ന് നോക്കുമ്പോൾ വെള്ളത്തിലെ അലയോ കുമിളയോ സമുദ്രമോ ഒന്നുമില്ല വെള്ളം അലയാണ് കുമിളയാണ് സമുദ്രമാണ് എല്ലാമാണ് അതേപോലെ ആ ചിത്ത് എന്ന് നോക്കുമ്പോൾ മനസ്സ് ബുദ്ധി ശരീരം അഹങ്കാരം പ്രപഞ്ചം ഒക്കെ ആ തന്നെ അപ്പോ ആ ചിത്തിനെ അറിഞ്ഞവന് അതൊരു കാലത്തും നഷ്ടപ്പെടുന്നില്ല കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ് വസ്തുവിനെ കണ്ടവന് പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒന്നുമില്ല ഒക്കെ കോൺഷ്യസ്നെസ് ആണ് അതിനു ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ട് സൂക്ഷ്മമാവും തോറും പല വിധത്തിൽ സൂക്ഷ്മമായി ലാസ്റ്റിൽ രണ്ടു പദാർത്ഥങ്ങളും നിൽക്കും പരസ്പര ആപേക്ഷികമായിട്ട് ആ രണ്ടു പദാർത്ഥങ്ങളും സൂക്ഷ്മ ദർശനത്തിൽ ഒന്നായി നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായിരിണ്ടൽബം ഉണ്ടാവതല്ല മമ പണ്ടെ കണക്കെ വരുവാൻ നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കിൽ ഇഹ നാരായണായ നമ ഒന്നേ ഉള്ളൂ അതാണ് ഒന്നെന്ന് പറയാൻ പറ്റില്ല പിന്നെ അതിനെ ഒന്നു മാത്രമാണെങ്കിൽ ആരെങ്കിലും ഒന്നെന്ന് പറയോ നൈകം തദ്തീയം കൂത സം നവലൂന്യം നശൂന്യം അദ്വൈതകേദാന്സിദ്ധം ബ്രവീമ എങ്ങനെ പറയും എന്താണ് പറയാമയ്യ അതെന്താ മിണ്ടാടി മൗനം ഗേത് ആത്മാനത്മവിവേചനോ വിത്കൃത അനത്മാതിയസ്വേക് മിഥ്യവാദ വിചാരചിന്ത മഹോ കൂറന് അദൃഷ്ടാത്മക ഭ്രയ തൂഷണീം ശിലാവത് സ്ഥിത ദൃഢമായി തറിഞ്ഞവർ പാരകല്ലുപോലെ മൗനമായിട്ട് എന്നുവച്ചാൽ പുറമേക്കല്ല സത്യം അറിഞ്ഞ് ശാന്തരായിരിക്കും അവർക്ക് കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഉറങ്ങിയാലും ഉണർന്നാലും വ്യവഹരിച്ചാലും അവർക്ക് ഭഗവാൻ അവരെ വിട്ടുപോകില്ല അവർക്ക് ധ്യാനം കൊണ്ടോ സമാധി കൊണ്ടോ തന്നെ ഇനി അനുഭവിക്കണം എന്നൊന്നുമില്ല അവർക്ക് സമാധി കാര്യമില്ല ഇനി അഷ്ടാവക്രൻ ജനകൻ ചോദിച്ചു അഷ്ടാവക്രനോട് തത്വദർശനമൊക്കെ ഉണ്ട് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി എത്ര നേരം പക്ഷെ സമാധിയിലിരുന്നാലും എനിക്ക് എന്തുകൊണ്ട് സത്യം അറിയാൻ പറ്റണില്ല അപ്പൊ അഷ്ടാവക്രൻ പറഞ്ഞു വസ്തു അതേ ഉള്ളൂ എന്ന് നിശ്ചയിക്കൂ എന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ കണ്ണു അടച്ച് മൂച്ചുപിടിച്ചിരിക്കണത് അയമേവ ഹിത്തെ ബന്ധായ സമാധിമനുതിഷ്ഠു നിന്റെ ബന്ധത്തിന് കാരണം ഈ മൂച്ചും പിടിച്ച് ഇങ്ങനെ ഇരിക്കണമല്ലോ ഇതാണ് നിനക്ക് കുഴപ്പം എന്നാണ് കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ധ്യാനിച്ചാലും ഉണർന്നാലും വസ്തുവാണ് ഉള്ളതെന്ന് സഹജമായിട്ട് തീരൂ ഈ ബലം പിടിക്കണത് നിർത്തു നക്കിഞ്ചി ധൃതി ധാരയെന്നാണ് യാതൊന്നും പ്രത്യേകമായി ഒരു വസ്തു മനസ്സിൽ വെക്കേണ്ട സാധാരണ തീരൂ ഒരു വിചാരവും ഉള്ളില് ബലമായിട്ടോ ഇൻറ്റൻസായിട്ടോ സൂക്ഷ്മമായിട്ടോ വലുതായിട്ടോ ചെറുതായിട്ടോ ഒന്നും കൊണ്ടുവരണ്ട ശാന്തമാവും എന്തെങ്കിലുമൊക്കെ വിചാരം വരുമ്പോ ഉപേക്ഷിക്കും വലിയ വലിയ കാര്യങ്ങൾ വന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലും സത്വഗുണം വന്നാലും രജോ വന്നാലും തമ്മഗുണം വന്നാലും ഉപേക്ഷിക്കും സമാധിയും വ്യവഹാരവും രണ്ടും ഒരേപോലെ ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് അറിഞ്ഞ് ശാന്താവും നിശ്ചലാവും സഹജാവും നാടി നരമ്പൊന്നും ബലം പിടിക്കണ്ട സാധനൊക്കെ ചെയ്ത് ആദ്യകാലത്തൊക്കെ ഈ സത്വ ഗുണം യോഗസ്ഥിതി ഒക്കെ ചെയ്ത് പരിശീലിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഈ ശീതളത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പല രോഗങ്ങളും പിടിപെടും എന്താണെന്ന് വെച്ചാൽ ഈ ധ്യാന യോഗത്തിനും ഒരുപാട് മൂർച്ഛ പിടിക്കണേ അതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വയറും ഒക്കെ കേടുവന്ന് ബുദ്ധിയൊക്കെ കേടുവെന്ന് ഇന്ദ്രിയങ്ങളൊക്കെ ബലം ക്ഷയിച്ച് ശരീരത്തിനും ആരോഗ്യമൊക്കെ പോകും യോഗികൾക്ക് അതുകൊണ്ടാണ് ഏറ്റവുമധികം എനർജി വേണം ഇതിന് വളരെ കുറച്ചു പേര് മാത്രമേ അത്രയധികം ശരീരബലത്തോടു കൂടിയും സത്വഗുണത്തോടു കൂടിയും വരുവുള്ളൂ ലോകത്തിലേക്ക് അല്ലാതെ ഈ സൂക്ഷ്മ ദർശനത്തിന് ഈ ബലം പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവസാനം തത്വം നിശ്ചയിച്ചിട്ട് പാണ്ഡിത്യത്തിന് ചുരുട്ടി കെട്ടി വെച്ചിട്ട് സാധാരണ ആവണമെന്നാണ് ശാന്ത പാണ്ഡിത്യം നിർവിദ്യ ബാല്യത്തിൽ കുട്ടികളെ പോലെ ആവുക തത്വം നിശ്ചയിച്ചില്ല ഇനി എന്താ വേണ്ട അറിഞ്ഞില്ല ഇനി എന്താ വേണ്ട ശാന്താവൂ കുട്ടികളെ പോലെ ആവൂന്നു ശീതളമാവും അത്രയും സഹജമായിട്ട് തീരട്ടെ ആ വസ്തു എന്തിലും നീ എന്നെ കാണും എനിക്ക് നിനക്ക് ഇനി ഒരിക്കലും എന്നെ നഷ്ടപ്പെടില്ല കാരണം ഞാനല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ധാരണ ഉണ്ടോ ആ ധാരണ മാറ്റ അതിന് സമാധിയോ ധ്യാനമോ ശ്രവണമനന നിധിധ്യാസനങ്ങളോ ഒക്കെ ചെയ്യാം എപ്പോൾ ഞാനല്ലാതെ വേറെ ഒന്നുമില്ല എന്നറിഞ്ഞു സകലത ഞാനാണെന്ന് അറിഞ്ഞു കുറച്ചു കാലം അത് ആലോചിക്കുക ഓർമ്മിക്കുക എല്ലാം ഞാനാണ് എല്ലാം ഭഗവാനാണ് അന്നം ച ബ്രഹ്മ ഭോക്താ ച ബ്രഹ്മ അഹം ച ബ്രഹ്മ കൈകളിൽ പ്രവൃത്തിയായിട്ടും കാലുകളിൽ ചലനമായിട്ടും മനസ്സിൽ ചിത്തവൃത്തികളായിട്ടും ബുദ്ധിയിൽ വിവേചനമായിട്ടും കാരണ ശരീരത്തിൽ ഉറക്കമായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഒക്കെ ഭഗവാനാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ആദ്യം മനനം ചെയ്യാം കർമ്മേതിഹസ്തയോ ഉപാസ്വ ഗതിരി ഉപാസ്വ ശ്രുതിയാണ് കർമ്മേതിഹസ്തയോ കൈ കർമ്മം ചെയ്യുമ്പോൾ ആ ഭഗവാൻ തന്നെയാണ് ഈ കർമ്മം ചെയ്യണത് നടക്കുമ്പോൾ ഭഗവാനാണ് നടക്കുന്നത് വിമുക്തിരീതി പായോ രാവിലെ എണീറ്റ് വയറ് ഒഴിഞ്ഞു പോകുമ്പോ വിസർജനം ചെയ്യുമ്പോ ഭഗവാനാണെന്നാണ് വിമുക്തി രീതി പായോ ഇങ്ങനെ എല്ലാ വികാര അനുഭവങ്ങളെയും ഒരാളായ അഭിമാന അഭിമാനിയായ ഞാനിരുന്ന് ചെയ്യണു എന്നുള്ളത് മാറ്റിക്കളഞ്ഞിട്ട് യോമാം പശ്യതി സർവത്ര എന്ന് വച്ചാൽ സർവത്ര എന്ന് വെച്ചാൽ നമ്മളുടെ വ്യവഹാരത്തിൽ മുഴുവനും സർവം ച മൈ പശ്യതി ഈ പ്രക്രിയകളൊക്കെ അവിടെ നടക്കണോ ആനന്ദാദ്യമാനി ആനന്ദേനീ ആനന്ദം പ്രയന്ത് അഭിസംബിശ് ആനന്ദത്തിൽ ഉദിച്ച് ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിൽ ലയിക്കുന്നു ഭഗവാനിൽ ഉദിച്ച് ഭഗവാനിൽ നിന്ന് ഭഗവാൻ ലയിക്കുന്നു ആ ആനന്ദമാണ് കൃഷ്ണസ്വരൂപം ഈ പ്രപഞ്ച ലീല എന്തിനാണ് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ആനന്ദം എന്നൊക്കെ പറയാം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കണോ അതിപ്പോ സിനിമയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ലേ ട്രാജഡിയൊക്കെ നടക്കണില്ലേ ചിലർക്കൊക്കെ പഴയ കാലത്ത് മലയാളം സിനിമ മുഴുവൻ ട്രാജഡിയാണ് ഇപ്പോഴൊന്നും അങ്ങനെയില്ല മുമ്പ് എല്ലാത്തിലും അവസാനമാകുമ്പോ ചത്തുപോകും മരിച്ചു പോവും അത് കാണാൻ ആളുകൾ പോവും എന്നിട്ട് കരഞ്ഞുകൊണ്ടേ വരും വീട്ടിൽ എന്തോ ദുഃഖത്തോടു കൂടിയാണ് അത് വല്ലാത്ത വർഷമോ സിനിമ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് കരഞ്ഞുകൊണ്ടേ വന്നിട്ട് പിന്നിൻ്റെത് ആ അടുത്ത ദിവസം പിന്നേം പോണം എന്തിനാന്ന് വെച്ചാ നന്നായിട്ടുണ്ടോട്ടോ ഇന്ന് കരഞ്ഞിട്ടല്ലേ വന്നു ആ കരച്ചല്ലൊരു സുഖം ഉണ്ടെന്നാണ് എന്താ കാര്യം അത് അത് സിനിമയാണെന്നറിയുമ്പോ കരയാൻ പോലൊരു സുഖം അത്ര അപ്പോ ജീവിതം മുഴുവൻ സിനിമയാണെന്ന് അറിഞ്ഞാൽ കരഞ്ഞാലും സുഖം വിവേകാനന്ദ സ്വാമി അടുത്ത് പറയണ്ടത് ഡീപ് എക്സ്ട്രിൻ പെയിൻ എന്നാണ് മനസ്സിലാവില്ല കോൺട്രസ്റ്റ് സാഹിത്യത്തിൽ അതൊക്കെ വളരെ വൈചിത്രമാണ് ആളുകൾ ചിലർക്ക് ട്രാജഡി അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാവുന്നത് കാണാനൊരു സുഖാണ് വിഷമുണ്ടാവണത് കാണാനൊരു സുഖമാണ് അപ്പോ അങ്ങനെ സകലതും ഭഗവാനാണെന്ന് യോമാം പശ്യതി സർവത്ര സർവം ചമയി പശ്യത്തി തസ്യഹം ന പ്രണശ്യാമി അങ്ങനെയുള്ളവന് ഞാൻ ഒരിക്കലും നഷ്ടാവണില്ല നശിച്ചു പോകണില്ല ഇല്ലാതാവണില്ല ഭഗവാൻ ഇപ്പൊ ഇല്ല എന്നില്ല ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കാൻ പാടില്ലേ സ്റ്റേറ്റ് ഇറ്റ് ഷുഡ് ബിക്കം യുർ സ്റ്റേറ്റ് എല്ലാം ഭഗവാനായ പിന്നെ ഞാൻ എന്ത് ചെയ്താൽ എന്താ ഒന്നും ചോദിക്കാൻ പാടില്ലേ അടികൊള്ളും അടികൊണ്ട് അടിയും ഭഗവാനാണെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം എന്നുവച്ചാൽ അതാണ് ആദ്യമേ ധ്യാനത്തിന് പറഞ്ഞിട്ടാണ് ഈ സ്ഥിതിയെ പറയണത് നല്ലവണ്ണം നോർത്തോണം ധർമ്മത്തിൽ പ്രതിഷ്ഠിച്ചിട്ട ശേഷം രാഗദ്വേഷമുണ്ടാകാത്ത പ്രശാന്തി സ്ഥിതിയാണ് ഇവിടെ അല്ലാതെ അദ്വൈതത്തിന് വ്യവഹാരത്തിൽ കൊണ്ടുവരാൻ പാടില്ല അദ്വൈത ദർശനം വരുമ്പോ വ്യവഹാരം പോയി വളരെ സിൽവർ ത്രെഡ് വ്യത്യാസമുള്ളൂ എല്ലാം ഭഗവാനല്ലേ പിന്നെ ഞാൻ എന്ത് തിന്നാൽ എന്താണ് എവിടെ പോയി ജീവിച്ചാൽ എന്താണ് എന്ത് സുഖം അനുഭവിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് രോഗം വരുമ്പോഴും വിപരീതമായ അനുഭവങ്ങൾ വരുമ്പോഴും ഇതും ഭഗവാനാണെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല തലകിഴായി മനസ്സിലാക്കാൻ പാടില്ല എല്ലാം ഭഗവാനാണെന്ന് എപ്പോഴാണ് പറഞ്ഞ് രജോഗുണമില്ലാത്ത സുഖത്തിനെ ഉള്ളിൽ അനുഭവിച്ച ശേഷം എഴുന്നേക്കുമ്പോ അയാൾക്ക് ആ ശാന്തി നഷ്ടപ്പെടുന്നു എന്ന് വരണ ഘട്ടത്തിലാണ് താൻ സോഴ്സിൽ നിന്ന് എഴുന്നേറ്റവും ആ സോഴ്സ് തന്നെയാണ് ഇവിടെ മുഴുവൻ പല രൂപത്തിൽ നിൽക്കണത് എന്ന് കാണുന്നത് വ്യവഹാര സഹായത്തിന് വേണ്ടിയല്ല പാരമാർത്ഥിക സഹായത്തിന് വേണ്ടിയിട്ടാണ് അതായത് വ്യവഹാരത്തിനെ പരമാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പരമാർത്ഥത്തിനെ വ്യവഹാരത്തിൽ കൊണ്ട് കലക്കാൻ വേണ്ടിയിട്ടല്ല നേരെ ചോദ്യം മനസ്സിലാക്കാനത്തിന് സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് വ്യവഹരിക്കുമ്പോഴും ധ്യാനം നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും ഉത്തമധർമ്മം സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ ആരാണോ സകലതും ഭഗവാനാണെന്നുള്ള ആത്മൌപമ്യത്തോടു കൂടെ ഇരിക്കണത്തെ അവനിൽ നിന്ന് ഒരിക്കലും ഡിസോർഡർലി ആയിട്ട് ഒരു ആക്ടിവിറ്റി വരില്ല എന്തുകൊണ്ട് വരില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയണു അയാൾ ആക്ഷൻ ചെയ്യണില്ല അകർമ്മസ്ഥിതിയിൽ ഇരിക്കുകയുള്ളു അവൻ പിന്നെ അയാൾ ആക്ഷൻ നടക്കണതോ പ്രകൃതി എന്ത് ചെയ്യണമോ അയാളിലൂടെ നടക്കുകയുള്ളൂ അയാളുടേതായ ഇൻട്രഡ്യൂഷൻ അഹങ്കാരത്തിൻ്റെ രാഗദ്വേഷത്തിൻ്റെ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല പിന്നെ എങ്ങനെ അവിടെ ഒരു അവശ്രുതി വീഴും അപശ്രുതിയെ പറ്റില്ല അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് പറയണത് നോക്കാം